ക്ഷം സ്വയം പ്രകാശം ത്രിപുടീവാദം അതിനെ നിഷേധിച്ച് അത് ശരിയല്ല എന്നറിയും പിന്നെ അടുത്തൊരു പൂർവപക്ഷം നിറയാണ് എന്ന പ്രകാശ ആത്മാനോ വിഷയാ വിച്ഛിന്ന ദീർഘസ്ഥൂലതയാ യം മന്ദോ അനാണ് അഹ് ഇത് മറ്റൊരു പൂർവ്വം ഒരു ബൗദ്ധപക്ഷംന്ന് പറയാണ് പക്ഷെ ബൗദ്ധപക്ഷം എന്നുള്ളത് എനിക്ക് ഇവിടെ വിശദമായ ചർച്ച ചെയ്യുന്നില്ല എന്നാൽ ബൗദ്ധന്മാരുടെ വിജ്ഞാനവാദത്തിന്റെ ഒരു ഭാഗമാണ് ഈ പറയുന്നത് പൂർണ്ണമായിട്ട് വരുന്നത് പ്രകാശസ്വരൂപമാണ് വിഷയങ്ങൾ ജ്ഞാനസ്വരൂപമാണ് വിഷയം വിജ്ഞാനവാദി അഥാ പറയുന്നു കാണുന്ന എല്ലാ വിഷയങ്ങളും ജ്ഞാനസ്വരൂപമാണ് ജ്ഞാന വടിവാണ് എന്ന് പറയും അവര് പറയുന്ന അങ്ങനല്ല എന്നർത്ഥം അതിനെ നിഷേധിക്കുന്നു നജ ഭവന്തി എന്നർത്ഥം വിഷയങ്ങള് ജ്ഞാനസ്വരൂപം എന്ന് പറയാൻ പറ്റും എന്തുകൊണ്ട് പറ്റത്തില്ല ഞാൻ ഖണ്ണിക്കുകയാണ് സിദ്ധാന്തി വിഷയങ്ങൾ വിഛിന്നങ്ങളായി പലതായി ദീർഘം സ്ഥൂലം ഈ രൂപത്തിൽ അനുഭവപ്പെടുന്നു ഏതൊരു വസ്തുവിൻ്റെ അടുത്ത് കഴിഞ്ഞാലും ശരി മുമ്പ് കാണുന്ന ഈ വിഷയങ്ങൾ ഒന്ന് മേശ പുസ്തകം പലതായിട്ടാണ് അനുഭവപ്പെടുന്നത് ഒരു രൂപത്തിലല്ല പിന്നെ ഇതെല്ലാം എന്താണോ ദീർഘം സ്ഥൂലം തുടങ്ങിയ ഗുണങ്ങളുണ്ട് ദീർഘത്വം സ്ഥൂലത്തോ ബാഹ്യമായ വിഷയങ്ങളിലൊക്കെയുണ്ട് അനുഭവ അങ്ങനെയാണ് അനുഭവപ്പെടുന്നത് പക്ഷെ ജ്ഞാനമാണെങ്കിൽ അങ്ങനെയല്ല പ്രകാശ്ഞാനം അയം പ്രകാശം എന്ന് വെച്ചാൽ അന്തരോ ജ്ഞാനം നമുക്ക് അനുഭവപ്പെടുന്നത് പുറമേ ഉള്ളിലാണ് അസ്തൂലോ വസ്തുലമല്ല എന്നുവെച്ചാൽ അതിൽ ഭൗതികമായൊരു സ്വഭാവമില്ല ഭൂതങ്ങളുടെ ഒരു ഗുണവുമില്ല ജ്ഞാനത്തിൽ എന്നാണത് അസ്ഥൂലമാണ് സ്ഥൂലമല്ല അനണു എന്നാ അതണുവാണോ സൂക്ഷ്മം അതണുവല്ല അഹ്രസ്സും ജ്ഞാനം ഹ്രസ്സുമാണ് അല്ല അ ദീർഘേരി പ്രകാശത്തെ അനുഭവപ്പെടുന്നു ദീർഘുമല്ല അങ്ങനെയാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ജ്ഞാനം എന്ന് പറയുന്ന ഉള്ളിൽ ഈ ബാഹ്യമായ വസ്തുക്കളുടെ ഒരു സ്വഭാവമില്ലാതെ ുള്ളിൽ ഇങ്ങനെ അനുഭവപ്പെടുകയാണ് അങ്ങനെ റിസോ എന്ന് പറയാൻ പറ്റില്ല ദീർഘം എന്ന് പറയാൻ പറ്റില്ല അണു എന്ന് പറയാൻ പറ്റത്തില്ല ഏകമെന്ന് പറയാൻ പറ്റത്തില്ല എന്ത് വിഷയങ്ങൾ ജ്ഞാനത്തെ അനേകമെന്ന് പറയാൻ പറ്റില്ല ഞാനത്തേകം ഒന്നല്ല അനേകമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ജ്ഞാനം എപ്പോഴും ഉള്ളിൽ ഒരേ രൂപത്തിലാണ് അനുഭവപ്പെടുന്നത് ഹം അനുഭവാമി അങ്ങനെ ജ്ഞാനവും അഹം അനുഭവാമി അനുഭവം അതാണ് ഞാൻ അത് ബാഹ്യമായ വിഷയങ്ങളെപ്പോലെയല്ല നേരെ വിവരീതമാണ് ബാഹ്യ വിഷയം അപ്പം ജ്ഞാനമാണ് ബാഹ്യവിഷയങ്ങളായിരിക്കുന്നതെന്ന് പറയുന്നത് അത് വിജ്ഞാനവാദി പറയും അത് ഇതിന് സ്വീകരിക്കാൻ എന്നാ വിജ്ഞാനവാദി പറയുന്ന ഈ കാര്യം തന്നെയാണ് അദ്വൈതി അല്പം മാറ്റി പിന്നീട് അദ്വൈതമാക്കി മാറ്റിയത് വിജ്ഞാനവാദി പറയുന്ന എന്താണ് സ്വപ്നം പോലെയാണെങ്കിൽ കാണുന്നതല്ല സ്വപ്നത്തിൽ കാണുന്നത് എന്താണ് അവിടെ കാണുന്ന എല്ലാ വിഷയങ്ങളും ജ്ഞാനം തന്നെ സ്വപ്ന ജ്ഞാനമാണെല്ലാം അവിടെ ആനയും കുതിരയുമെല്ലാം അതുപോലെയാണ് ജാഗ്രത്തിൽ നിന്ന് അവർ പറയുന്നത് ഇത് തന്നെ അദ്വൈതിയും പറഞ്ഞു സ്വപ്ന പദാർത്ഥങ്ങളെപ്പോലെയാണ് ഈ കാണുന്നതെന്ന് പറയുമ്പോൾ ഞാനത് അംഗീകരിക്കുകയാണ് പക്ഷെ വിജ്ഞാനവാദിയുമായിട്ടുള്ള വ്യത്യാസം എന്താണ് അവര് ക്ഷണികമാണെന്ന് പറയും അദ്വൈതയായാലും നിത്യം പറയും എല്ലാം ജ്ഞാനം തന്നെ ജ്ഞാനത്തിൽ നിന്ന് അന്യമായ ഒന്നുമില്ല പക്ഷെ അത് ക്ഷണികമായ ജ്ഞാനത്തിൽ നിന്നെയല്ല നിത്യമായ ജ്ഞാനത്തിൽ നിന്ന് അന്യവേണ്ട നിത്യമായ ജ്ഞാനം അത് വിജ്ഞാനവാദി അംഗീകരിക്കുന്നു ജ്ഞാനമാണ് സർവുമായിരിക്കുന്നതെന്ന് പറയുന്ന ആശയം കിട്ടിയത് അവരിൽ നിന്ന് തന്നെ അദ്വൈക പക്ഷെ അദ്വൈതേനെന്താക്കി മാറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു അതാണ് വ്യത്യാസം ഇവിടെ പറയുന്ന ക്ഷണികവിജ്ഞാനിയുടെ ഒരു ഭാഗമാണ് ഈ പറയുന്നത് അത് ശരിയല്ല എന്നാണ് പറയുന്നത് അപ്പോ എപ്പോഴും ഈ അറിവെന്ന് പറയുന്നത് എന്താണ് അതിനെ പുതുക്കി പുതുക്കി പരിഷ്കരിച്ച് പരിഷ്കരിച്ച് അതിന് വരുന്ന ഓരോ ദോഷങ്ങളും മനസ്സിലാക്കി മനസ്സിലാക്കി ആണ് ഓരോരുത്തരും അവരവരുടെ സിദ്ധാന്തങ്ങളുണ്ടാക്കുന്നത് ദുരി അങ്ങനെ തന്നെ ഉണ്ടാക്കിയത് ഇത് പ്രത്യേകിച്ച് ആരുടെങ്കിലും വെളിപാടൊന്നും അല്ല സിദ്ധാന്തങ്ങൾ അങ്ങനെ അനുഭവപ്പെടുന്നു കാലം കൊണ്ട് അനുഭവപ്പെടുന്നു ഒരുപാട് പേര് ചിന്തിച്ച് ചിന്തിച്ച് കുറവ് കേൾത്തു കേടുത്ത് അതിനെ പുതുക്കിപ്പണിയുകയാണ് ചെയ്യുന്നത് സിദ്ധാന്തങ്ങൾ അപ്പൊ ഈ പറഞ്ഞ രീതിയായിരുന്നു പണ്ടത്ത് ചിന്തിച്ചിരുന്നത് അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നു അതുകൊണ്ടെന്താണ് ഈ വിജ്ഞാനമല്ല ഈ കാണുന്നത് കാരണം വിഷയം വേറെ ജ്ഞാനം വേറെ ആ പ്രത്യേകതയാണ് കൂടെ പറഞ്ഞത് അത് വിച്ഛിന്നൂർക്ക് സ്ഥൂലമായിട്ടാണ് വിഷയങ്ങൾ അനുഭവപ്പെടുന്നത് ജ്ഞാനം അങ്ങനെയല്ല ജ്ഞാനത്തിലെന്താ അത് പറയാൻ പറ്റില്ല ഒരു ഏകരൂപമാണ് കസ്സവന്നോ അണവന്നോ ദീർഘമൊന്നും ജ്ഞാനത്തെ കുറിച്ച് പറയാൻ പറ്റില്ല പിന്നെ അത് ഇത് പറയുന്നത് എന്താണ് അതൊരു അനുഭവം ഏകരൂപത്തിലിരിക്കുന്ന അനുഭവം അഹനുഭവാമി അതിനും പിന്നെ ഒരു പറയുന്ന ജ്ഞാനം ഏകരൂപത്തിൽ പറയുന്നതിനൊരു കാരണം പറയുന്ന അഹം അനുഭവാമി എന്ന് പറയുന്ന ഈ ഈ ജ്ഞാനത്തിന്റെ ഈ രൂപം എല്ലാവരിലും ഒരുപോലെയാണ് എല്ലാ മനുഷ്യരും ഒരേ രീതിയിലാ അനുഭവിക്കുന്നതെന്നും പറയുന്നതെന്താണ് അഹം അനുഭവാമി അപ്പം അനുഭവം എന്ന് പറയുന്നതാണ് ജ്ഞാനം ജ്ഞാനത്തിനൊരു ഏക സ്വഭാവമുണ്ട് എല്ലാ ജീവന്മാരിലും എന്താണ് ജ്ഞാനം അനുഭവാമി എന്നിരിക്കുന്നു എന്നാണ് അദ്വൈതി പറയുന്നത് ഇത് വേറെ ഒന്നിനില്ല ജ്ഞാനത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഏകരൂപത്തിലുള്ള ജ്ഞാനത്തെ സ്വീകരിക്കുന്നത് സർവരിലം അതാണ് ആത്മാവെന്ന് പറയുന്നത് അതാണ് നിത്യം എന്ന് പറയുന്നത് മാറ്റമില്ലാതെ എല്ലാവരിലും അനുഭവാമി എന്നുള്ള ഒരു ജ്ഞാനസ്വരൂപം ഇരിക്കുന്ന അനുഭവം ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒന്നും അപ്പൊ ചോദിക്കും അഹമിച്ഛാമി എന്നുള്ള അനുഭവം ഉണ്ടല്ലോ ഇച്ഛ അതുകൊണ്ട് ജ്ഞാനത്തെ പോലെ തന്നെ സെർവറിലും ഉണ്ട് അഹം ഇച്ഛാമി സെർവറിലും ഏകരൂപത്തിലുള്ള ഇച്ഛയുണ്ടോ ഉണ്ട് എല്ലാവരും ഇച്ഛാമിന്ന് പറയുന്നു അവിടെ അത് ഇത് പറയുന്നതാണ് ഇച്ഛ ഒരു വൃത്തിയാണ് ഒരു പ്രത്യേക വൃത്തിയാണ് ഒരു അന്ധക്കരണ വൃത്തിയാണ് അനുഭവാമി എന്ന് പറയുന്നത് അങ്ങനെ അല്ലാതെ അനുഭവമാണ് അനുഭവത്തിൽ മറ്റു വിഷയങ്ങളുള്ളതുപോലെ നിശ്ചയമുള്ളത് അപ്പം അനുഭവത്തിന് മാത്രമേ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ ഏകരൂപത്തിൽ സർവല്ലീരിക്കുക എന്ന് പറയുന്ന അനുഭവത്തിന് മാത്രമേ ഉള്ളൂ എന്നാണ് അനുഭവമി എന്ന് പറയുന്നിടത്തും വൃത്തിയുണ്ടല്ലോ എന്നാണ് ചോദിക്കണമെങ്കിൽ അവർ പറയും വൃത്തിയുണ്ട് പക്ഷെ വൃത്തിയുള്ളപ്പോൾ തന്നെ എന്തുണ്ട് ജ്ഞാനത്തിന് അത് ജ്ഞാനത്തിൻ്റെ ഒരു സ്വാഭാധിക രൂപമാണ് ജ്ഞാനത്തിന് നിരുപാധികമായ രൂപമുണ്ട് വൃത്തിരഹിതമായൊരു രൂപമുണ്ട് ജ്ഞാനത്തിന് ഇതാണ് അദ്വൈതയുടെ നിലപാട് അത് വേറെ ഒന്നിനില്ല വൃത്തി രൂപം അതേയുള്ളൂ ജ്ഞാനത്തിനങ്ങനെ എന്താണ് വൃത്തിരഹിതമായ ഒരു സ്വരൂപം ജ്ഞാനത്തിനുണ്ട് അതുകൊണ്ട് അത് ഏകമാണ് നിത്യമാണ് അതാണ് ആത്മാവ് അപ്പോൾ ജ്ഞാനത്തെ നിത്യമാണ് ഏകമാണ് ആത്മാവാണ് എന്നാ പറയുന്നതിന് ഒരു പ്രധാന കാരണം ഈ ജ്ഞാനത്തിന് നിരുപാധികമായ ഒരു രൂപം ഉണ്ടെന്ന് അംഗീകരിക്കുന്നതുകൊണ്ടാണ് നിരുപാധികമായ രൂപം ഉണ്ടാകുന്ന അംഗീകരിക്കുന്നതെന്നുണ്ടോ സിദ്ധാന്തം അത്വൈതര സിദ്ധാന്തം നമ്മളീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ ജ്ഞാനം സ്വാഭാവികമായ അന്തക്കറിന് വൃത്തി കൊണ്ടാണ് ഈ യുഗം വരുന്നത് ഇപ്പൊ സിദ്ധാന്തപരമായി ഒരു നിരുപാധിയെ ജ്ഞാനത്തെ അംഗീകരിക്കണം അന്ദ്വേദിക്ക് എന്നാലും അദ്വൈതത്തിൽ നിൽക്കാൻ പറ്റും അതുകൊണ്ട് ഈ കാണുന്ന വസ്തുക്കളെല്ലാം ജ്ഞാനമാണെന്ന് പറയുന്നത് ശരിയല്ല പിന്നെ ുക്തമായി ധരിക്കാം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എങ്ങനെ ചന്ദ്രയെ അനുഭൂയമാണ് ചന്ദ്രനിൽ എങ്ങനെയാണോ രണ്ടാമതൊരു ചന്ദ്രനെ കാണുന്നത് ചന്ദ്രന്റെ ഭ്രാന്തി കൊണ്ട് എന്ത് ചെയ്യുന്നു രണ്ടാമതൊരു ചന്ദ്രനെ കാണുന്നു അതുപോലെ സ്വപ്രകാശാദ് അന്യോ ീയോ അർത്ഥം സുപ്രകാശമായ ആത്മാവിൽ നിന്ന് അന്യമായി അനുവചനീയമായൊരു അർത്ഥമുണ്ട് അതാണ് പ്രപഞ്ചം സുപ്രകാശമായ ആത്മാവിൽ നിന്ന് അന്യമായി അണുവചനീയമായ ഒരു പ്രപഞ്ചം പ്രപഞ്ച അനുവജനീയം തന്നെയാണ് അല്ലാതെ ജ്ഞാനരൂപല്ല വിജ്ഞാനവാദി പറയുമ്പോൾ അത് ജ്ഞാനസ്വരൂപം അല്ല മറിച്ച് എന്താണത് അനർവചനീയമാണ് യുക്തം ഉപ്പ് ഇത് യുക്തിയുക്തമായി നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ ഇനി ഇതൊക്കെ വിശദീകരിക്കും അർത്ഥം അപ്പൊ അത് വേദി പറയുന്നതും മുമ്പ് പറഞ്ഞ തമ്മിൽ വ്യത്യാസം ഇതാണ് പറയുന്നത് ക്ഷമികമായ വിജ്ഞാനമാണ് പ്രപഞ്ചം പറയുന്നു അല്ലാതെ ജ്ഞാനത്തിന്റെ സ്വഭാവം അങ്ങനെയല്ല ജ്ഞാനത്തിന് ഏകത്വമുണ്ട് അനുഭവാമി എന്നൊരു അനുഭവങ്ങൾ കൊണ്ട് ജ്ഞാനത്തിന് ഏകത്വമുണ്ട് അവിടെ വൃത്തിയുണ്ടെങ്കിലും അതിന് നിരുപാധികമായൊരു രൂപമാണ് പ്രപഞ്ചം അതല്ല ജ്ഞാനമല്ല പിന്നെ ഈ പ്രപഞ്ചം എന്താണ് അത് എന്താണ് ചന്ദ്രനിൽ രണ്ടാമത്തെ ചന്ദ്രൻ കാണുമ്പോലെ സച്ചിദാനന്ദത്തിൽ കാണുന്ന അനുപചനീയമായ ഒരർത്ഥമാണ് അനുവചനീയെന്നു വെച്ചാൽ സത്തെന്നോ അസത്തന്നോ നിർവചിക്കാൻ കഴിയാത്ത ഈ പ്രപഞ്ചം ഇത് സിദ്ധാന്തം പറയുന്നത് ഇത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം അപ്പൊ പ്രപഞ്ചത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇത് എന്താണ് അനുവചനീയവാദം പ്രപഞ്ച അനുവചനീയ അതിനാണ് മിത്യ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അസത്യം എന്ന് പറയുന്നത് എന്നാൽ അത് തന്നെ മിഥ്യെന്നും അസത്യം എന്നെല്ലാം പറയുമ്പോൾ അവിടെയൊക്കെ സ്വീകരിച്ചിരിക്കുന്ന എന്തിനാണ് അണുർവചനീയത്തെ തന്നെ പല പേരുകൾ പറയുന്നതാണ് മിഥ്യ എന്ന് പറഞ്ഞാലും അതുതന്നെ അസത്യം എന്ന് പറഞ്ഞാലും അത് തന്നെ ഭ്രാന്തി എന്ന് പറഞ്ഞാലും അതുതന്നെ എല്ലായിടത്തും ഇത് തന്നെ മായ എന്ന് പറഞ്ഞാലും അതുതന്നെ അദ്വൈതിയെ സംബന്ധിച്ച് അത് അണുരജനീയം എന്ന് പറഞ്ഞാൽ സത്യമെന്നോ അസത്വമെന്നോ നിർവചിക്കാൻ കഴിയാത്ത ഒന്നാണ് No. Mm -hmm. Okay. ആചാനേ അനുഭൂയതേദ പ്രകാശം നിർവാച്യം ഭർഹത്തി നച്ചന്നുള്ളതിന് ചിലടത്താണ് കൂടാതെ കുറച്ചുകൂടെ ശരി സ്വാഭാവികമായി പ്രകത്തിന് സ്വഭേദോ അനുഭൂയത്തെ അനുഭവപ്പെടുന്നില്ല ജ്ഞാനത്തിൽ സ്വരൂപഭേദമുണ്ട് എന്താ അങ്ങനെ പറയുന്നത് വസ്തുക്കളിൽ എന്താണ് സ്വരൂപഭേദമുണ്ട് പക്ഷെ ആ സ്വരൂപഭേദവും പരമാർത്ഥമല്ല എന്നുള്ളതാണ് അദ്വൈതം പറയുന്നത് വസ്തുക്കളുടെ ഭേദം കാരണം അദ്വൈതം ഓരോ തരത്തിലുള്ള ഭേദത്തെ അംഗീകരിക്കുന്നുണ്ട് അദ്വൈതമെന്നു വെച്ചാൽ ഭേദത്തെ നിഷേധിക്കുകയാണ് പക്ഷെ വസ്തുക്കൾ എവിടെയും വസ്തുക്കളിലോ ജ്ഞാനത്തിലോ എവിടെ വേണമെങ്കിലും ഉപാധി കൊണ്ടുള്ള ഭേദത്തെ സ്വീകരിക്കും അസ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം എന്താ പറയുന്നത് ഘടാകാശവും മഠാകാശും ആകാശത്തിൽ ഭേദമില്ലെങ്കിലും ഘടം മഠം തുടങ്ങിയ ഉപാധികളെ കൊണ്ട് ഭേദമുണ്ട് അപ്പം അത് സ്വീകരിച്ചേ പറ്റും അതുപോലെ എവിടെയും സ്വാഭാവികമായി ഭേദത്തെ സ്വീകരിക്കണം സ്വരൂപത്തിൽ ജ്ഞാനത്തിന് ഭേദമൊന്നുമില്ല പ്രകാശം എന്ന് വെച്ച ജ്ഞാനം എന്നാൽ സസ്യപ്രകാശസ്യ ഈ ജ്ഞാനത്തിന് ആചാനുത സ്വാഭാവികമായി ഉപാധികളെ കൂടാതെ എന്നു സ്വലക്ഷണഭേദം അനുഭവിക്കേ സ്വലക്ഷണഭേദം സ്വരൂപഭേദം അനുഭവപ്പെടുന്നില്ല അതാണ് പറഞ്ഞെന്താണ് അഹം അനുഭവാമി ഏതൊരു തന്റെ അനുഭവത്തെ പരിശോധിച്ചാലും എല്ലാവരും പറയുന്ന എന്താണ് അഹം അനുഭവാമി നമ്മള് ഭേദമില്ല എല്ലാ പറയുന്നു ഭേദത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല അനുഭവാമി എന്നല്ലാതെ ഒരാൾക്കും അനുഭവത്തെ കുറിച്ച് പറയാനുണ്ട് അപ്പൊ വേണമെങ്കിൽ പറയാം എന്താണ് വസ്തുക്കൾക്കനുസരിച്ച് ജ്ഞാനം മാറുന്നുണ്ടല്ലോ രൂപജ്ഞാനം രസജ്ഞാനം ഗന്ധജ്ഞാനം ഇങ്ങനെയൊക്കെ മാറുന്നുണ്ടല്ലോ പറയുന്നു എന്നുവെച്ചാ അനുവജനീയ അർത്ഥഭേദ പ്രകാശ്യം പ്രകാശം നിർവാച്യം ഭേത്വമർഹതി അനിർവചനീയമായ അർത്ഥങ്ങളിലുള്ള ഭേദം അർത്ഥങ്ങളിൽ ഭേദമുണ്ട് അനിർവചനീയമാണ് അർത്ഥം അതുകൊണ്ട് അവിടെ എന്തുണ്ട് രൂപരസന്ധസ്പർശം ഇങ്ങനെയുള്ള ഭേദമുണ്ട് പക്ഷേ ഞാനും അങ്ങനെയല്ല എന്താണ് അത് നിർവാച്യം പ്രകാശം നിർവാച്യമാണ് അത് നിത്യമാണ് അങ്ങനെ എന്നെ നിർവചിക്കാം ശുദ്ധമാണ് നിരവധ്യമാണ് കൂടസ്ഥമാണ് നിരുപാധിയുമാണ് അതാണ് എന്നെ നിർവചിക്കാമെന്ന് പറഞ്ഞത് നിശ്ചിത രൂപത്തിൽ വചിക്കാൻ കഴിയുന്നതാണ് ഇന്നതാണ് പറയാൻ പറ്റും അതാണ് ജ്ഞാനത്തിൻ്റെ വിശേഷം അത് സ്വത്താണ് ആനന്ദമാണ് ഇങ്ങനെയൊക്കെ പറയാം പക്ഷെ വസ്തുക്കളെ സംബന്ധിച്ച് അങ്ങനെയല്ല അത് അണിവാച്യമാണ് പറയുന്നത് എന്ത് അണർവാച്യ അർത്ഥഭേദ അർത്ഥഭേദം എന്ന് പറയുന്നത് അണർവാച്യമാണ് അനുജവനീയമായോണ്ട് അവിടെ എന്ത് സംഭവിക്കാം നിർവാച്യം ഭേദം പ്രകാശം ആ ഭേദം നിർവാച്യമായ പ്രകാശത്തിന് നിർവചന യോഗ്യമായിരിക്കും ജ്ഞാനത്തെ ഭേത്മർഹതി ഭേദിക്കാൻ യോഗ്യമല്ല എന്നുവെച്ചാൽ ജ്ഞാനത്തിൽ ഭേദമുണ്ടാക്കാൻ ഭേദമെന്ന് വെച്ചാൽ വാസ്തവ ഭേദമുണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം വാസ്തവമായൊരു ഭേദത്തെ ഉണ്ടാക്കാൻ വസ്തുക്കൾക്ക് കഴിയില്ല പിന്നെ ഘടഞ്ഞാനം പടഞ്ജാനം എന്നൊക്കെ ഭേദജ്ഞാനോ അനുഭവപ്പെടുന്നതോ ഉപാധി കൊണ്ടാണ് മറ്റേതെന്താണ് ജ്ഞാനം അനുഭവാമി ഏകരൂപത്തിലായിരിക്കും സർവത്ര ഇത് അദ്വൈത സിദ്ധാന്തം പറയാണ് ഈ ഔപാധികമായ ഭേദം സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടാകാശവും മഠാകാശവും അവിടുത്തെ ഭേദവും സത്യം എന്ന് പറയേണ്ടിയും അതാണ് അതിപ്രസംഗമെന്ന് പറഞ്ഞിരിക്കുന്നത് ഔപാധികമായ ഭേദമുണ്ട് പക്ഷേ സത്യമുണ്ട് നിരുപാധികമാണ് ജ്ഞാനം അത് സത്യമാണ് അതുകൊണ്ട് ജ്ഞാനത്തിൽ ഭേദമുണ്ട് പടജ്ഞാനം പടഞ്ജ്ഞാനം എന്നിങ്ങനെ ഭേദമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഔപാധിക ഭേദമെന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ അതിപ്രസംഗം വരും എന്താണ് ഈ ഭേദം സത്യമാണെന്ന് ധരിക്കും ജ്ഞാനത്തിൽ ഭേദമില്ല പ്രപഞ്ചത്തിൽ ഭേദമില്ല എന്നല്ല പറയുന്നത് ജ്ഞാനത്തിലും പ്രപഞ്ചത്തിലുമൊക്കെ ഭേദമുണ്ട് പക്ഷെ ഭേദമൊന്നും സത്യം അല്ല അതാണ് അനൗവചനീയം എന്ന് പറഞ്ഞത് പക്ഷെ ജ്ഞാനം അങ്ങനെയല്ല നിർവാച്യമാണ് പദാർത്ഥം അങ്ങനെയല്ല അത് അനിർവാച്യമാണ് നമ്മുടെ വ്യത്യാസം എന്നുവച്ചാ അർത്ഥാമപരം ഭേദ സമീചനഷ്യേ അതുമാത്രമല്ല വസ്തുക്കളുടെ ഭേദമുണ്ടെന്ന് പറഞ്ഞല്ലോ ഘടപടഭേദം ഗോ അശ്വേദം ഇതാണ് വസ്തുക്കളിലുള്ള ഭേദം ഈ ഭേദം സമീചന ജ്ഞാനപദ്ധതിയും യഥാർത്ഥ ജ്ഞാന സിദ്ധാന്തത്തിൽ നിലനിൽക്കില്ലേ അതിശിൻസ് അതിഗണത്തിൽ കർമ്മസഞ്ജമെന്നാണ് അതിപൂർവത്തിലുള്ള ആസി ഇപ്പൊ സമീചീന ജ്ഞാനപദ്ധതി എന്ന് പറയുന്ന യഥാർത്ഥ ജ്ഞാന സിദ്ധാന്തം എന്നുവെച്ചാൽ അവിടെ എന്താണ് വസ്തുക്കളുടെ പരസ്പര ഭേദവും എന്നുവെച്ചാൽ അധ്യാവസ്ഥയെ നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ പരസ്പര ഭേദം പരമാർത്ഥമല്ല എന്നർത്ഥം പരസ്പര ഭേദം അനുഭവപ്പെടുന്നുണ്ടല്ലോ എന്നാണെങ്കിലും ഉണ്ട് അനുഭവപ്പെടുന്നില്ലെന്നല്ല പറയുന്നത് പിന്നെന്താ പറയുന്നത് അനുഭവപ്പെടുന്നത് പരമാർത്ഥമല്ലെന്നാണ് എൻ്റെ അനുഭവം ഇല്ലെന്നല്ല ജഗത്ത് സത്യമായി അനുഭവപ്പെടുന്നില്ലെന്നല്ല പറയുന്നു പിന്നെന്താ പറയുന്നത് ജഗത്തിന്റെ ഈ സത്യമായ അനുഭവം പരമാർത്ഥമല്ലെന്നാണ് വ്യത്യാസം ാണ് അർത്ഥാന പരസ്പരം ഭേദ വസ്തുക്കളുടെ പരസ്പര ഭേദവും സമീചതിയും യഥാർത്ഥ അദ്വൈത സിദ്ധാന്തത്തിൽ നിലനിൽക്കില്ല അത്യാവസ്ഥയെ ഇതി ഉപരിഷ്ടാത ഉപാധിഷ്യത ഇക്കാര്യങ്ങളെല്ലാം ഇനി യുക്തിയുക്തമായി ചർച്ചയെ വിശദമായിട്ടു അപ്പോൾ അദ്വൈതത്തിൽ എന്താണ് പരമാർത്ഥം അദ്വൈതമാണ് പരമാർത്ഥം ബാക്കിയൊന്നും പരമാർത്ഥം എന്താ അപ്പോ ഇവിടെ എന്താണ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ആത്മാസ്വയം പ്രകാശമാണ് ആത്മഭിന്നമായിരിക്കുന്ന ജഗത്ത് അനുവോചനീയമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ആ സ്വയം പ്രകാശത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്താണ് പ്രഭാകരന്റെ സ്വയം പ്രകാശത്തെ നിഷേധിച്ചു അടുത്ത ഭാഷയത്തിൽ വരുന്നതാണ് കഥം പുനഃ പ്രത്യേകാത്മനിഷയേ അധ്യാസോ വിഷയ തദ്ധർമാണ പ്രത്യേകാത്മാവ് അവിഷയമാണ് വിഷയമല്ല ജ്ഞാനത്തിന് വിഷയം അതിന് വിഷയങ്ങളുടെയും വിഷയധർമ്മങ്ങളുടെയും അധ്യാസം എങ്ങനെ സംഭവിക്കും ചോദ്യമാണ് ആക്ഷേപമാണ് സംഭവിക്കത്തില്ല എന്നാണ് ചോദ്യം പലപ്പോഴും നിഷേധാർത്ഥത്തില അങ്ങനെ സംഭവിക്കില്ല എന്നാണ് എന്തുകൊണ്ട് സംഭവിക്കില്ല അതാണ് അടുത്തു വിശ്വസിക്കുന്നത് അധ്യാസത്തെ വീണ്ടും നിഷേധിക്കും തദ്ശ്വ്രശസ്തുനിരംസ പ്രത്യുകത്മാശ്യവചനീയോദ്രിഭ്യാത്മാനം പ്രതീപം നിർവചനീയം ഹഞ്ചതി ജാനി പ്ര സത്മീയത്മാ അപരാധീന പ്രകാശത്ത് പ്രത്യേകാത്മാവ് ജ്ഞാനത്തിന് വിഷയമല്ല എന്നുള്ള കാര്യം പറയുന്നത് പൂർവക്ഷമാണ് മാത്രേകനാണ് ആത്മാവ് ജീവൻ പലതല്ല ാണ് കൂടസ്ത നിത്യ ജ്ഞാനമാണെങ്കിലും നിരംശ അംശങ്ങളില്ല കാരണം ജ്ഞാനത്തെ സംബന്ധിച്ച് നമ്മുടെ അനുഭവം എന്താണ് അതിന് വികാരം സംഭവിക്കുന്നു നശിച്ചു പോകുന്നു വീണ്ടും ഉണ്ടാകുന്നു ഇന്നൊരു ജ്ഞാനം കുറച്ചുകഴിയുമ്പം വേറെ ഞാനും നാളെ വേറെ ജ്ഞാനം ജ്ഞാനത്തിന് വികാരമുള്ളതായിട്ടാണ് നമ്മുടെ അനുഭവം ഉണ്ടായും മറയുന്നുണ്ട് അതുകൊണ്ട് പറയുന്നു ജ്ഞാനം കൂടസ്ഥാണ് പടംജാനം പടംജാനം ഇങ്ങനെ പലതരത്തിൽ ജ്ഞാനം നമ്മുടെ അനുഭവം അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയല്ല ഏകമാണ് ഏക സിദ്ധാന്തമാണ് സ്വയം ഏ കൂടസ്ഥൂടവ തിഷ്ട വികാരഹിതമായി നിൽക്കുന്നു കൂടെന്ന് വെച്ചാ വികാരമില്ലാത്ത വസ്തു അതൊക്കെ മുൻപ് ഒന്നാണ് മുൻപ് ഇവിടെ തന്നെ വിശദീകരിച്ചതൊക്കെ കൂടസ്ഥ ഏ ആ പറഞ്ഞ കൂടസ്ഥ നിത്യമാണ് ഇതൊക്കെ നമ്മുടെ അനുഭവം അങ്ങനെ അല്ലാത്തോണ്ടാ പറയുന്നു കാരണം ഞാനം ണ്ടായി മറയുന്നതായിട്ടാണ് അനുഭവം പറയുന്നു അങ്ങനെയല്ല കൂടസ്ഥമാണ് വികാരമില്ലാത്തതാണ് ജ്ഞാനം പലതാണെന്നാണ് നമ്മുടെ അനുഭവം ഏകഹ അങ്ങനെയല്ല സ്വയം പ്രകാശം ജ്ഞാനം എന്താണ് മറ്റൊന്നുകൊണ്ടും പ്രകാശിക്കുന്നല്ല ജ്ഞാനത്തെ ജ്ഞാനം പ്രകാശിക്കുകയല്ല നിരംശ്വരന്റെ അംശമാണ് ജീവൻ അഭിപ്രായമുണ്ട് അതൊന്നും ശരിയല്ല ഈശ്വരനും ജീവനല്ല പിന്നെ ഈ ജ്ഞാനത്തെ എന്ത് പറയുന്നു പ്രത്യേകാത്മാറസ്ഥ നിത്യനായിരിക്കുന്ന ജ്ഞാനമാണ് പ്രത്യേകാത്മ എന്ന് പറയുന്നത് എന്നുള്ള അർത്ഥം പ്രത്യേക പ്രത്യേകം എവിടെ തോന്നു അത് വിശദീകരിക്കുകയാണ് അല്ല പ്രത്യേക ശബ്ദത്തിന്റെ വിപത്തിയാണ് അടുത്ത് പറയുന്നത് എന്നാണ് പ്രത്യേക പ്രത്യേക ആത്മാ എന്നടുത്ത് കർമ്മധാര സുമാസമാണ് പ്രത്യേകിച്ച സച്ച ആത്മീയ പ്രത്യേകാത്മാ കർമ്മധാരേനാണ് പ്രത്യംഗം ആത്മാവും ആയിരിക്കുന്നത് പ്രത്യേകാത്മാണെന്റെ അർത്ഥം പ്രത്യംഗം എന്ന് പറഞ്ഞാൽ എന്താണ് പൃഥ്വിപൂർവത്തിലെ അഞ്ച് ലോക സിദ്ധാന്തം പഠിച്ചിട്ടുണ്ട് ഏതാണോ പൃഥ്വി ദദൃ എന്നാണ് സൂത്രം യു ജി കുറിഞ്ചാം വരുകയാണ് അഞ്ച് ധാതു കിൻപ്രം വരുന്നാണ് പ്രതിപൂർ കിന് സർവാപകലോകം വരുന്നു പ്രതി അഞ്ചെന്നിരിക്കുന്നു പദസഞ്ജ സംഘം ുത്വാരം എണ്ണ പ്രത്യേക അനിതാല കിങ്തി പ്രകാരം മകാരത്തിന് മകാരത്തിന് ലോകം വന്നു കഴിഞ്ഞാൽ ഊതിജ സർവ്വനാമസ്ഥാനം അതാതോ നും വരും എന്താനും കാണും പുലിംഗത്തിൽ ഏകവദനത്തിൽ പ്രത്യംഗം വരും അതിന് കാരണം അനിതാലോപതായ കിങ് കിത്തും കിത്തും പരമിരിക്കുമ്പോ നമ്മു ലോപിക്കും ലോപിച്ചു കഴിഞ്ഞാൽ വൈദജാൻ സർവനാമസ്ഥാന സർവനാമസ്ഥാനം പരമിരിക്കുമ്പോൾ നമ്മ എന്തായാലും അഞ്ചില സംയോഗ ശ്ലോകം ഇന്ന് അകാലത്തിന്റെ പുത്തം വന്ന് പ്രത്യേകം വരും പ്രതിയഞ്ച് പ്രത്യഞ്ച് ഏകത്തിൽ പ്രത്യേകം അതോടെ പ്രത്യേകം വരുന്നു ഇതൊക്കെ പ്രത്യേക ആത്മാവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ പ്രത്യേക പ്രതി പ്രത്യേക ആത്മീന്ന് കർമ്മധാര സമാസം വരുമ്പോ പ്രത്യംഗം സു ആത്മാ സുഖം ജയിക്കുന്നിടത്ത് സുപ്പ് ലോപിച്ചു കഴിഞ്ഞാൽ അവിടെ സുപ്പ് ലോപിക്കുന്ന സൂത്രഭാരമാണ് ഏ അതാണ് സുബോധാതുപ്രാതിപതിപ്പിക്കുകയോ അവിടെ ലുക്ക് വരെയുണ്ട് ലുക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേക രോഗ പ്രത്യരക്ഷ പ്രകാരം പരത്തിലെ സുപ്പില്ല സർവനാമസ്ഥാനം പരത്തിലില്ലാത്ത അഞ്ചുവില നഗാരം എന്തായാലും ലോപിച്ചു എങ്ങനെ കിത്തോങ്ങിത്തോ ഇരുന്നു കഴിഞ്ഞാൽ പൂജ സർവനാമസ്ഥാനം അതാതോ നൊന്നു വിധിക്കുന്നു നഗാരം ലോപിക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞതേ ഉള്ളു ഏതാ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു ലഭിക്കുന്നു പ്രത്യേകിച്ച് അന്ന കാറിൽ പറഞ്ഞത് കേട്ടാണെങ്കിലും അറിയണോ അനിതായ പ്രകാരം നകാരെല്ലാം പ്രത്യേക അച്ഛൻ ഇരിക്കുന്നു ഇവിടെ കുത്തും വരുന്നു പ്രത്യേകം വരും ഇവിടെ പരത്തിൽ സർവനാമ സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് ഒന്നും വരത്തില്ല പ്രത്യേകവും ആത്മാ പ്രത്യേക ആത്മാ ും ജസ്തു പ്രത്യേക ആത്മാരെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പ്രത്യേക ആത്മയോട് ചേരുമ്പോ പ്രത്യേക ഗാരം പ്രത്യേക രണ്ടു രൂപ ഇ പ്രത്യേക ശബ്ദം എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നതാണ് അടുത്ത് പറയുന്നത് അശക്യ നിർവചനീയഭ്യോ ദേഹേന്ദ്രിയാദിഭ്യ ആത്മാനം പ്രതീപം നിർവചനീയം അശഖ്യ നിർവചനീയേഭ്യോന്ദ്രിയദിഭ്യ നിർവചനീയം ആത്മാനം പ്രതീപം അഞ്ചതി അതാണ് പ്രത്യേകം പ്രത്യേകം എന്ന് പറഞ്ഞാൽ എന്താണ് അശക്യ നിർവചനീയേഭ്യോ എന്ന് വെച്ചാൽ അനിർവചനീയം അസഖ്യ നിർവചനീയം എന്നുവെച്ചാൽ അനുവചനീയം അനിർവചനീയമായിരിക്കുന്ന എന്താണ് പ്രപഞ്ചം അപ്പോ അസഖ്യ നിർവചനീയഭ്യോ ദേഹേന്ദ്രിയാദിഭ്യാന്ന് പറഞ്ഞാൽ പഞ്ചമിയാണ് അനിർവചനീയമായിരിക്കുന്ന ദേഹാന്ദ്രിയാദികളെന്നന്ന് നിർവചനീയം ആത്മാനം നിർവചിക്കാത്ത കഥ നേരത്തെ പറഞ്ഞല്ലോ പ്രകാശം നിർവാച്യം ആത്മാവ് നിർവചിക്കത്തക്കതാണ് നിത്യരുദ്ധബുദ്ധമുക്തം ഇങ്ങനെ നിർവചിക്കത്തക്കതാണ് അങ്ങനെയുള്ള ആത്മാവിനെ പ്രദീപെന്നു വെച്ചാൽ വിപരീതമായി അറിയുന്നത് ആരോ അവൻ പ്രത്യാന് പ്രത്യേക അനുവചനീയമായ ദേഹാദികളിൽ നിന്ന് വിപരീതമായി ഭിന്നമായി തന്നെ ആരാണോ അറിയുന്നത് അഞ്ചതിയുടെ അർത്ഥമാണ് ജാനാദി അവനെ എന്ത് പറയുന്നു പ്രതി അഞ്ചതി പ്രത്യ എന്ന് പറയുന്നു പ്രതി അഞ്ചതിയിൽ നിന്നാണ് പ്രതിപ്രുവത്തിൽ അഞ്ച് ധാതുവിൽ നിന്ന് വെച്ചെന്താണ് പ്രതി അഞ്ജതി പ്രതി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രതീപം എന്നർത്ഥം പ്രതീതം എന്ന് വെച്ചാൽ വിപരീതം വിപരീതമായി അറിയുന്നവൻ അതാണ് പ്രത്യേക പ്രത്യേക വിപരീതമായി അറിയാന്ന് പറഞ്ഞാൽ ആരറിയുന്നു ആരാ അറിയുന്നു വിപരീതമായി ആരാ അറിയുന്നത് പ്രത്യേക തന്നെ അതാരാണ് പ്രത്യേക അതാണ് ആത്മാവ് ഈ വിപരീതമായി അറിയാന്ന് വെച്ചാൽ ഭിന്നമായി അറിയുന്നു എന്തിനാ ഭിന്നമായി അറിയുന്നു തന്നെ തന്നെ എന്തിൽ നിന്ന് ഭിന്നമായി അറിയുന്നു ആത്മാവിൽ നിന്ന് ഓ എന്തിൽ നിന്ന് ഭിന്നമായി അറിയുന്നു ശരീര ഇന്ദ്രിയങ്ങളിൽ നിന്നെല്ലാം ഭിന്നമായി അറിയുന്നു ദേഹേന്ദ്രിയദിഭ്യ ദേഹേന്ദ്രിയദികളിൽ നിന്ന് ഭിന്നമായി അറിയുന്നു ആരെയറിയുന്നു തന്നെ ആരറിയുന്നു ആരറിയുന്നത് ആരത് പ്രത്യ പ്രത്യേക്കല്ല പ്രത്യങ് പ്രത്യേക്കെന്ന് പറയരുത് തെ പ്രത്യെന്ന് പറയുന്നു പ്രത്യേകം എന്ന് പറയുന്നത് തെറ്റ പിന്നെങ്ങനെ പറയണം പ്രത്യങ് പ്രത്യേകം സമാസത്തിലെ പറയണം ഒറ്റക്ക് പറയുമ്പോ എങ്ങനെ പറയണം അല്ലെങ്കി എപ്പോഴും പറഞ്ഞോളൂ പ്രത്യേക ആത്മാ എന്ന് പറയുന്നു അപ്പൊ സമാസമായി കൊഴപ്പാ ഒറ്റയ്ക്ക് പറയുകയാണെങ്കിൽ പ്രത്യേകത പറയണ്ട പിന്നെ പ്രത്യങ് അപ്പൊ പ്രത്യങ് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ ശരീരാദികളിൽ നിന്ന് ഭിന്നമായി അറിയുന്നവൻ അറിയുന്നവൻ എന്നുള്ള അർത്ഥം എവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടി അറിയുന്നവനെന്നുള്ള അർത്ഥം ഏ അഞ്ചീ അങ്ങനെ അഞ്ച് ധാതു വിപരീതമെന്നുള്ള അർത്ഥം കിട്ടി എങ്ങനെ എങ്ങനെ വിപരീതമെന്നുള്ള അർത്ഥം കിട്ടി വിപരീതമെന്നുള്ള അർത്ഥം എങ്ങനെ കിട്ടി എവിടെ നിന്നു പ്രതി എന്ന് പറയുന്ന ഉപസർഗത്തേന്ന് സൃതത്തി അർത്ഥം കിട്ടിയത് പിന്നെ അഞ്ചതി അറിയുന്നവൻ എന്നുള്ള അർത്ഥം എങ്ങനെ കിട്ടി അറിയുന്നവൻ അറിയുന്നവൻ എന്നുള്ള അർത്ഥം എങ്ങനെ കിട്ടി കർത്തരി പിൻ പ്രത്യേകം വന്നു അറിയുന്നു എന്നുള്ള അർത്ഥം എങ്ങനെ കിട്ടി എങ്ങനെ ഇത്രയും കാര്യങ്ങൾ പ്രത്യംഗെന്ന് പറയുന്നിടത്തോണ്ട് ഇനി ആ പ്രത്യംഗിനെ ആത്മൻ ശബ്ദമായിട്ട് കർമ്മദാരായി സമാസം ചെയ്യുന്നു അതാണ് പ്രത്യങ് സജ ആത്മീയത്മാ ഇപ്പോ ഈ പ്രത്യേകാത്മാവിന്റെ ഈ നിർവചനം വിൽപ്പത്തി ഇത് സിദ്ധാന്തപരമായി തന്നെയാണ് നിർവ്വചിച്ചിരിക്കുന്നത് അത് അദ്വൈതികസമ്മതമാണ് സകാശത്വ അപരാധീന പ്രകാശം സ്വയം പ്രകാശമാണ് ഇതും സിദ്ധാന്തിക സമ്മതമാണ് പ്രത്യേകാത്മാ എങ്ങനെയാണ് സ്വയം പ്രകാശം ആണ് അപരാധീന പ്രകാശത്വ അപരാധീന പ്രകാശം സ്വയം പ്രകാശം അനംശത്വ ഇത് അംശരഹിതമാണ് അംശങ്ങളില്ലാത്താണ് അവിഷയ അതുകൊണ്ട് തന്നെ എന്താണ് വിഷയം ഇത് പൂർണമായും സമ്മതമാണ് സിദ്ധാന്തമാണ് സിദ്ധാന്തം എന്ന് വിശദീകരിക്കും പ്രത്യേകാത്മാ വിഷയമല്ല എന്ന് പറയുന്നത് പൂർണ്ണസമ്മതല്ല എന്നാൽ കുറച്ച് സമ്മതമുള്ള ബാക്കി പറഞ്ഞിരിക്കുന്നത് എന്താണ് പ്രത്യേക എന്താണ് പ്രത്യേകാത്മാന്ന് പറയുന്നത് സിദ്ധാന്തി അംഗീകരിക്കുന്ന കാര്യത്തിൽ സമ്മതമായ കാര്യമാണ്